ധ്യായം പതിനൊന്ന് രഹബയാം യരുഷലേമിൽ വന്ന ശേഷം ഇസ്രയേലിനോട് യുദ്ധം ചെയ്തു രാജത്വം രഹബയാമിന് വീണ്ടുകൊള്ളേണ്ടതിന് യഹൂദയുടെയും ബെന്യാമീന്റെയും ഗ്രഹത്തിൽ നിന്ന് ശ്രേഷ്ഠ യോദ്ധാക്കളായ ലക്ഷത്തി പേരെ ശേഖരിച്ചു എന്നാൽ ദൈവപുരുഷനായ ശെമയ്യാവിന് യഹോബയുടെ അരുളപ്പാടുണ്ടായതെന്നാൽ ഷലോമോന്റെ മകനായി യഹൂദ രാജാവായ രഹബിയാമിനോടും യഹൂദയിലും ബെന്യാമിനുമുള്ള എല്ലാ ഇസ്രയേലിനോടും പറക നിങ്ങൾ പുറപ്പെടരുത് നിങ്ങളുടെ സഹോദരന്മാരോട് യുദ്ധം ചെയ്യരുത് ഓരോരുത്തൻ താൻ തന്റെ വീട്ടിലേക്ക് മടങ്ങിപ്പോകുവേണ്ടി ഈ കാര്യം എന്റെ ഹിതത്താൽ സംഭവിച്ചിരിക്കുന്നു എന്നിപ്രകാരം അവർ യഹോവയുടെ അരുളപ്പാട് അനുസരിക്കുകയും യോരോബയാമിന്റെ നേരെ ചെല്ലാതെ മടങ്ങിപ്പോവുകയും ചെയ്തു രഹബയാം യെരുസലേമിൽ പാർത്ത് യഹൂദയിൽ ഉറപ്പിനായി പട്ടണങ്ങളെ പണിതു അവൻ യഹൂദയിലും ബെന്യാമീനിലുമുള്ള ബെത്ത് ഏതാം തെക്കോവ ബെത്സു സോഖോ അതുല്ല ത്ത് മഷ സീഫ് അദോരയും ലഖീസ് അസേക്ക സോര അയ്യാലോൻ ഹെബ്രോൻ എന്നിവയെ ഉറപ്പുള്ള പട്ടണങ്ങളായി പണിതുൻ കോട്ടകളെയും ഉറപ്പിച്ചു അവയിൽ പടനായകന്മാരെ ആക്കി ഭക്ഷണ എണ്ണയും വീഞ്ഞും ശേഖരിച്ചുവെച്ചു അവൻ ഓരോ പട്ടണത്തിലും വൻപരിചകളും കുന്തങ്ങളും വെച്ച് അവയെ നല്ലവണ്ണം ഉറപ്പിച്ചു യഹൂദയും ബെന്യാമിനും അവന്റെ പക്ഷത്ത് എല്ലാ ഇസ്രയേലിലുമുള്ള പുരോഹിതന്മാരും ലേവ്യരും സകല ദിക്കുകളിൽ നിന്നും അവന്റെ അടുക്കൽ വന്നു ചേർന്നു യോരോബാമും ലേവ്യരെ യഹോവയുടെ പൌരോഹിത്യത്തിൽ നിന്ന് നീക്കിക്കളഞ്ഞു താൻ ഉണ്ടാക്കിയ പൂജാഗിരികൾക്കും വിഗ്രഹങ്ങൾക്കും കാളക്കുട്ടികൾക്കും വേറെ പുരോഹിതന്മാരെ നിയമിച്ചതുകൊണ്ട് ലേവ്യർ തങ്ങളുടെ പുൽപ്പുറങ്ങളും അവകാശങ്ങളും വിട്ടൊഴിഞ്ഞ് യഹൂദയിലേക്കും യരുഷലേമിലേക്കും വന്നു അവരുടെ പിന്നാലെ ഇസ്രയേലിന്റെ സകല ഗോത്രങ്ങളിൽ നിന്നും ഇസ്രയേലിന്റെ ദൈവമായ യഹോവയെ അന്വേഷിക്കേണ്ടതിന് മനസ്സുവെച്ചു വരും തങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവയ്ക്ക് യാഗം കഴിപ്പാൻ യെരുഷലേമിൽ വന്നു ഇങ്ങനെ അവർ മൂന്ന് സംവത്സരം ദാവിദിന്റെയും ഷലോമോന്റെയും വഴിയിൽ നടന്ന് മൂന്ന് സംവത്സരത്തോളം യഹൂദ രാജ്യത്തിന് ഉറപ്പുവരുത്തുകയും ഷലോമോന്റെ മകനായ രഹബയാമിനെ ബലപ്പെടുത്തുകയും ചെയ്തു രഹബയാം ദാവിദിന്റെ മകനായ യരിമോത്തിന്റെ മകളായ മഹലത്തിനെയും ഇഷായിയുടെ മകനായ ഏലിയാബിന്റെ മകളായ അബീഹയിലിനെയും വിവാഹം കഴിച്ചു അവൾ അവന് യൂഷ് ഷമരിയാവ് സാഹം എന്നീ പുത്രന്മാരെ പ്രസവിച്ചു അവളുടെ ശേഷം അവൻ അബ്ഷാലോമിന്റെ മകളായ മയഖയെ വിവാഹം കഴിച്ചു അവളവന് അബിയാവ് അത്തായി സീസ ഷെലോമീദ് എന്നിവരെ പ്രസവിച്ചു രഹബയാം തന്റെ സകല ഭാര്യമാരിലും വെപ്പാട്ടികളിലും വെച്ച് അബ്ശാലോമിന്റെ മകളായ മയഖയെ അധികം സ്നേഹിച്ചു അവൻ പതിനെട്ട് ഭാര്യമാരെയും അറുപത് വെപ്പാട്ടികളെയും പരിഗ്രഹിച്ചിരുന്നു ഇരുപത്തെട്ട് പുത്രന്മാരെയും അറുപത് പുത്രിമാരെയും ജനിപ്പിച്ചു രഹബയാം മയഖയുടെ മകനായ അബിയാവെ രാജാവാക്കുവാൻ ഭാവിച്ചതുകൊണ്ട് അവനെ അവന്റെ സഹോദരന്മാരിൽ തലവനും പ്രധാനിയുമായി നിയമിച്ചു അവൻ ബുദ്ധിയോടെ പ്രവർത്തിച്ചു യഹൂദയുടെയും ബെന്യാമിന്റെയും ദേശങ്ങളിലൊക്കെയും ഉറപ്പുള്ള പട്ടണങ്ങളിലേക്കെല്ലാം തന്റെ പുത്രന്മാരെയൊക്കെയും പിരിച്ചയച്ച് അവർക്ക് ധാരാളം ഭക്ഷണ സാധനങ്ങൾ കൊടുക്കുകയും അവർക്കുവേണ്ടി അനവധി ഭാര്യമാരെ അന്വേഷിക്കുകയും ചെയ്തു